സ്വസങ്കൽപ്പന വിധായ സ്വരൂപ സ്ഥിതി പ്രവൃത്തി ഏകരുതി രൂപ നിത്യ നിരവധി ദിശയ ജ്ഞാനക്രിയ ഐശ്വര്യദ്യാനന്ത ഗുണപരിമിത സൂര്യഭി അനവരത അഭിഷ്ഠിത ചരണയുപ്ല അശേഷ ശേഷത ഏകരതി അതിനെ വ്യാഖ്യാനിക്കുകയാണ് ശേഷശേഷത എന്ന് പറയുന്നതിനൊരു പറഞ്ഞു വിഷ്ണുവിൻ്റെ ശേഷമാണ് ഈ പറയുന്ന സൂര്യകളിൽ വ്യത്യസ്ത അവതാര സമയത്ത് അവരെല്ലാം പലതരത്തിൽ അനുഗമിക്കുന്നു അതാണ് നിവാസ ശൈവാസന പാതകളെല്ലാം പറഞ്ഞു രാമായണം അവിടെ തിരിച്ചു ഇതിൽ പറയുന്നത് നിത്യസൂര്യങ്ങളെക്കുറിച്ചാണ് നിത്യമുക്തന്മാര് ആ നിത്യമുക്തന്മാര് ഇവിടെ ഇല്ല അവിടെയുള്ളൂ ഈ ലോകത്ത് നിത്യമുക്തന്മാരില്ല പറ്റ്ലോകത്തെയുള്ളൂ അവരുടെ വിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് അവരുടെ ജോലി എന്താണ് സേവ വിഷ്ണുവിനെ സേവിക്കുക അതിനൂടെ പറയുന്നത് കൈങ്കരി ഏകൈകൃത സേവ കൈങ്കരിയ മിത സർവാർത്ഥതയുസന്ധാന സർവേപ്യസർവ കൈങ്കരിയകാരണോ ഭവേയോ ഇവിടെ പറയുന്ന ഒരു നല്ല ആശയമാണ് പുതിയൊരാശയമാണ് പക്ഷേ ഇത് നടക്കണമെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന കാര്യമില്ല ഇങ്ങനെയുള്ള നിത്യ സൂര്യകൾ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ അത് നടക്കത്തുള്ളൂ പറയുന്നു അവിടെ എല്ലാവരും ഓരോരുത്തർ സേവ ചെയ്യുകയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു സേവ ചെയ്യുന്നു ഇപ്പൊ ഇവിടെ സേവ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന സേവ ആശ്രമങ്ങളൊക്കെ ചെയ്യുന്ന അത് ഒരു ഗുരു ഗുരുവിനെ കേന്ദ്രീകരിച്ച് എന്താ ചെയ്യുന്നു പറയാം അത് ഗുരുസേവ ചെയ്യുകയാണ് എന്ത് പ്രവൃത്തി ചെയ്താലും പറയും അത് ഗുരുസേവ അതൊരു നല്ല ആശയമാണ് കാരണം സേവ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം അപ്പൊ അത് ആത്മീയതയുടെ ഒരു നല്ല സൈഡാണ് അപ്പൊ മനുഷ്യരെല്ലാം ചെയ്യുന്നു ഒരു ലക്ഷ്യത്തെ കേന്ദ്രമാക്കി അവരുടെ സേവകൾ ഒരു ഗുരു ഇന്ത്യയിലെവിടെ പോയി നോക്കുക ഏത് സമ്പ്രദായത്തിലും പോയി നോക്കുക അവിടെ ചെന്നാലും ഇത് ഒരു പൊതു സ്വഭാവമാണ് അവിടുത്തെ ഒരു ഗുരുവാണ് കുറേ ജേഷ്യന്മാരായിരിക്കും കൂടുതലായിരിക്കും കുറവായിരിക്കും അവരുടെ പ്രവൃത്തികളെല്ലാം അവരും അറിയും എന്താണ് ഗുരുവിന് വേണ്ടിയ സേവയും ഗുരുവിന് സമർപ്പിച്ച സേവയും പിന്നെ ഗുരുവിൽ ശ്രദ്ധയുണ്ട് ഗുരുവിൽ ഭക്തിയുണ്ട് അല്ലാത്തവരവിടെ നിൽക്കത്തില്ല ആർക്കെങ്കിലും ശ്രദ്ധയോ ഭക്തിയോ കുറഞ്ഞവരോ കളഞ്ഞിട്ടു അവിടെ നിൽക്കുന്നവരെല്ലാം എന്തായിരിക്കും ശ്രദ്ധയിലും ഭക്തിയിലും തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതിനൊന്നും ഒരു സംശയം എല്ലായിടത്തും ഒരു പൊതു സ്വഭാവം അപ്പൊ ഇവിടെ എന്താണ് എല്ലാവരും സേവ ഒരാളെ ലക്ഷ്യമാക്കിയിട്ടാണ് അവിടെ വിഷ്ണുവിന് വേണ്ടി സേവ ഒരുപാട് പണികൾ അവിടെയുണ്ട് ഇങ്ങനെ സ്തുതിക്കുക മാത്രമല്ല നിരവധി സേവകൾ അവിടെയും ചെയ്യും അപ്പൊ എല്ലാവരും അത് സേവ ചെയ്തു അപ്പൊ ഇതിനെ ഇത്തരം ആശയങ്ങളെ മാതൃകയാക്കിയിട്ടാണ് നമ്മൾ അറിഞ്ഞോ നമ്മുടെ ഈ ലോകത്തിൽ വൈഷ്ണവമ്മന്റെ ഭാഷയിൽ പറഞ്ഞ ലീലാ വിഭൂതി ഇവിടെയും മനുഷ്യർ സേവ ചെയ്യുന്ന ഇതേ ആശയത്തെ വെച്ചുകൊണ്ട് അങ്ങനെയാണ് നടന്നു പോകുന്നത് ഒരു ആത്മീയ കൂട്ടായ്മകളിലെല്ലാം നടക്കുന്നത് അങ്ങനെ പക്ഷെ ഒരു വ്യത്യാസം കൂടെ എടുത്തു പറയും അത് നോക്കും മനുഷ്യർക്കും നടപ്പിലാക്കാൻ വയ്യാത്ത കാര്യം അതിങ്ങനെ നോക്ക് മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളാണ് നമ്മൾ മറ്റെവിടെയെങ്കിലും ആരോപിക്കുന്നു അതേ അവിടെ നടക്കും എന്ന് പറയും നല്ലവർ ചിന്തിക്കും ഒരു നല്ല ആവശ്യമാണെന്ന് ഇത് മനുഷ്യൻ്റെ ഇടയിൽ നടപ്പിലാക്കാൻ പറ്റും നടപ്പിലാവാത്തല്ല അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കാൻ എന്നതായിട്ട് ഭാവനയും അവിടുത്തെ സേവയുടെ പ്രത്യേകത എന്താണ് ഏകേകർത്ത സേവ കൈങ്കരിതഹ സർവാർത്ഥതയാണ് ഇവർ സ്വയം അവർ വിചാരിക്കുന്നതാണ് അവർ വിചാരിക്കുന്നത് നമുക്കെങ്ങനെ അറിയാം അല്ലെങ്കിൽ വ്യാഖ്യാനം എഴുതിയാണ്ട് എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പഴയകാലത്തെ മനുഷ്യൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെയൊക്കെ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു ഒരാളുടെ പ്രവൃത്തിയെക്കുറിച്ച് അയാൾ ധരിക്കുന്നത് എന്താണോ ഈ പ്രവൃത്തി എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും പ്രവൃത്തിയാണ് അങ്ങനെ ഓരോരുത്തരും ധരിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഇപ്പോൾ ഒരാൾ പാകം ചെയ്യുന്നു ഒരാൾ ഒറ്റമണി ഈ പാകം ചെയ്യുന്ന ആണ് വിചാരിക്കുന്നത് ഈ പ്രവൃത്തി എന്ന് പറയുന്ന എൻ്റെ മാത്രം വിലയോ മുഴുവൻ പേരുടെയും പ്രവൃത്തിയാണ് എന്നുള്ള വിചാരത്തോടുകൂടിയാണ് പാകം ചെയ്യും കുറ്റമടിക്കുന്നതാണ് വിചാരിക്കുകയാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത് എന്റെ പ്രവൃത്തിയല്ല പിന്നെയോ എല്ലാവരുടെയും പ്രവൃത്തിയാണ് എന്നുള്ള അതാണ് സർവാർത്ഥതയാണ് എല്ലാവരുടെയും പ്രവൃത്തി സർവരുടെയും അർത്ഥമാണ് പ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല അത് നമ്മളും പറയും എന്താണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയും അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് അപ്പൊ പ്രവൃത്തിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു മനോഭാവം ഇത് എൻ്റെ പ്രവൃത്തിയല്ല ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പ്രവൃത്തിയാണ് അങ്ങനെ അതാണ് ഏകകർദ്യ കൈങ്കരിയസ്യ കൈകര്യം എന്ന് വെച്ചാൽ ചെയ്യുന്ന സേവ എന്ന് പറയുന്നത് എന്ന് പറയുന്നു മിഥ പരസ്പരം സർവാർത്ഥതയ സർവരുടെയും അർത്ഥമായിരിക്കുന്നു സർവരുടെയും പ്രവൃത്തിയായിരിക്കും എന്ന് ഓരോരുത്തരും അറിയുന്നു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റും സർവേഷാം അർത്ഥം സർവരുടെയും അർത്ഥം കാരണം അർത്ഥം എന്ന് പറയുന്ന കൈങ്കരിയും സേവയെക്കുറിച്ച് പറയാം അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ല കാരണം അവിടെ ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും എന്താണ് നമ്മളിവിടെയാണ് നമ്മളിപ്പോൾ സേവയും നമ്മളിപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കുന്നത് രോഗമില്ലാത്തവർ ലോകമില്ലാത്തവരാണ് രോഗികളെ ശുശ്രൂഷിക്കുന്ന എന്തുകൊണ്ട് ഒരാൾക്ക് രോഗമില്ല ഒരാൾക്ക് രോഗം ഉണ്ട് അപ്പം നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും നമ്മുടെ ഈ ലോകത്ത് കാരണം ന്യൂനതയുണ്ട് കുറവ് കൂടുതലൊക്കെ ഉണ്ട് ഇപ്പൊ സേവ എന്ന് പറയുന്നതിൻ്റെ ഇവിടുത്തെ അടിസ്ഥാനപരമായ ഇതെന്താണ് ഇല്ലാത്തവന് വേണ്ടി ഉള്ളവന് എന്തെങ്കിലും ചെയ്യുക സമ്പത്തായാലും വിദ്യാഭ്യാസമായാലും ഏതായാലും അവിടെ അതിൻ്റെ ആവശ്യമുണ്ട് അവിടെ എന്തെങ്കിലും കുറവുള്ള ആരെങ്കിലും രോഗം പിടിച്ച ആരെങ്കിലും ഉണ്ടോ ഉണ്ട് അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക ഒരു പരിപാടി അവിടെ ഇല്ല ഇതൊരു ഭാവനയാണ് പഴയ പ്രാചീനമായ പക്ഷെ ഒരാളുടെ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ പ്രവൃത്തിയായി അയാൾ മനസ്സിലാക്കുന്നു ഓരോ പ്രവൃത്തിയെ എല്ലാവരുടെയുമാണ് ഒരാളുടേതായിട്ടൊരു പ്രവൃത്തിയില്ല അതാണ് അവിടുത്തെ അറിവ് അതുകൊണ്ടെന്താ പ്രയോജനം ഇതുകൊണ്ടെന്താ വിശേഷത എന്താ അതെ എല്ലാ പ്രവൃത്തികളും എല്ലാവരുടെയാണ് അങ്ങനെ അതാണ് കറക്റ്റ് അതാണ് എൻ്റെ ഉത്തരം കാരണം ഇത് അനുഭവത്തിൽ നിന്നറിയാം അനുഭവത്തെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം അനുഭവം നമ്മളൊന്നും വരുക കാരണം നമ്മുടെ പ്രവൃത്തികളിലെന്തൊരു എപ്പോഴും ഒരു മത്സരം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി വേറെ വേറെയാണ് അപ്പോൾ ആ പ്രവൃത്തി എനിക്ക് കിട്ടണം ആ പ്രവൃത്തിയേക്കാളും മെച്ചമായിരിക്കണം എൻ്റെ പ്രവൃത്തി അവൻ്റെ പ്രവൃത്തി എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം പ്രവൃത്തി പോകാൻ പാടില്ല ഇതല്ലേ നമ്മുടെ ഈ ആത്മീയ കൂട്ടായ്മകളിൽ പോലുമുള്ള മത്സരം ഓരോരുത്തരും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക ഈ പ്രവൃത്തിയുള്ളൂ കാരണം ഏതിനാണോ കൂടുതൽ മാന്യതയുള്ളത് കൂടുതൽ അധികാരമുള്ളത് മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ പ്രവൃത്തി എനിക്ക് കിട്ടിയാൽ മറ്റൊന്ന് ചത്താനും വേണ്ടില്ല ഒരു സീറ്റ് ഒഴിവൊന്നാണ് അതിന് ക്യൂ നിൽക്കുന്നവരാണോ എല്ലായിടത്തും ആത്മീയ കൂട്ടായ്മകളിൽ നിന്ന് വന്നാൽ എവിടെയായി അപ്പോൾ രണ്ടു വശം നോക്കാം ഒന്നും അവർക്ക് ഗുരുവിനോട് ഭക്തിയുണ്ട് ശ്രദ്ധയുണ്ട് മുഴുവൻ അവരുടെ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്ന ഒന്നായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തെ മുൻനിർത്തി എല്ലാം ചിന്തിക്കുന്നവരാണ് ഞാൻ പറയുന്നത് ഈ ഇവിടെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ആത്മീയ സമ്പ്രദായവും ഇങ്ങനെയായിരിക്കും ഇന്ത്യയിൽ മാത്രമാണ് അപ്പോൾ ഞാൻ ക്രിസ്ത്യാനികളുടെ ആശ്രമങ്ങളിലും പോയി താമസിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളുടെ അവർക്ക് ആശ്രമമില്ല അതുകൊണ്ടവിടെ പോയി താമസിച്ചിട്ടില്ല എല്ലായിടത്തും കാണുന്ന ഒരു പ്രത്യേക രീതി തന്നെയാണ് ഒരു കേന്ദ്രീകൃതമായ പ്രവൃത്തിയാണ് അക്കാര്യത്തിൽ അവർ ആത്മീയമായി വളരെ ഔന്നത്യത്തെ പ്രാപിച്ചവരാണ് അതിലവർക്ക് അത് അത് ആത്മീയതയുടെ ഒരു വിജയവും പോലെയാണ് ആത്മീയതയ്ക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരാളിൽ സമർപ്പിച്ച് പ്രവൃത്തി ചെയ്യുന്നതിനൊക്കെ മനുഷ്യനെ പ്രാപ്തരാക്കുന്നുണ്ട് അപ്പൊ അതൊരു നേട്ടം തന്നെയാണ് ആത്മീയതയുടെ നേട്ടം പക്ഷേ ആത്മീയതയുടെ പരാജയം എന്ന് പറയുന്ന എന്താണ് ആ ഒരു കൂട്ട ആത്മീയ കൂട്ടായ്മയിൽ തന്നെ ഇവർ പ്രവർത്തിക്കുമ്പം എത്രയൊക്കെ അറിവുണ്ടെങ്കിലും ശരി പരസ്പരം മത്സരിച്ചേ പ്രവർത്തിക്കും മത്സരം ഒഴിവാക്കിയ ഒരു പ്രവൃത്തിയുണ്ടാവും എല്ലാം ഒരു ആത്മാവാണെന്ന് പറഞ്ഞാലും എല്ലാം ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറയുന്നില്ല കുറച്ചുപേർ പറയുന്ന എല്ലാവരും ഒരു ആത്മാവാണ് ചിട്ട് പറയുന്ന ദൈവം സൃഷ്ടിച്ചാണ് എല്ലാവരും ഇതൊക്കെ വിശ്വസിക്കുന്നവരും ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ശരി ഒരു ആത്മീയ കൂട്ടായ്മകളിലും പരസ്പരം മത്സരിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ കാണത്തില്ല ആ മത്സരം എന്ന് പറയുന്നത് വളരെ അസഹനീയമായ രീതിയിലുള്ള മത്സരം അങ്ങനെ അല്ലെങ്കിൽ പറയും അങ്ങനല്ല അപ്പൊ അവിടെ ആത്മീയത പരാജയപ്പെടുക എന്ത് ഉയർന്ന സിദ്ധാന്ത മനുഷ്യൻ വെച്ചാൽ മനുഷ്യനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ല മനുഷ്യൻ ഒരുമിക്കുക വേറെ കാരണമാണ് മനുഷ്യൻ ഒരുമിക്കും എന്ന് പറയും ഒരുമിക്കില്ല എന്നുള്ളത് ശിഷ്യന്മാരെല്ലാവരും ഒരുമിക്കും എന്തിനു വേണ്ടി ഗുരുവിന് വേണ്ടി ഒരുമിക്കും അതിന് സംശയം ആ ഞാൻ പറഞ്ഞു അവിടെ വിജയിക്കും കാരണം എല്ലാവരുടെയും ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ് ഗുരുത്വം എന്ന് പറയുന്നത് അതിനുവേണ്ടി അവർ ഒരുമിക്കും ജീവിക്കും മരിക്കും എല്ലാത്തിനും ധാരാളമാകും അതുകൊണ്ടാണ് എന്താണ് ഇത്രയും ഓരോ ആത്മീയ സമ്പ്രദായങ്ങളിൽ ഇത്രയും വലിയ ഫാക്ഷൻസ് വരുന്നു മുസ്ലിങ്ങളെടുത്തു നോക്കുക ക്രിസ്ത്യാനികളെടുത്തു നോക്കുക അവർക്കൊക്കെ വേറെ ദൈവമുണ്ട് ഗുരുവില്ലെങ്കിൽ ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേരിൽ എല്ലാവരും ഒരുമിക്കും ഒരു സംശയമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ ഒരുമിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും പരസ്പരം അടിച്ചുകൊണ്ടേ അങ്ങനെ അല്ലാത്ത ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സമ്പ്രദായത്തെ കാണിച്ചു തരാൻ പറ്റും അപ്പൊ ആത്മീയതയ്ക്ക് മനുഷ്യനെ ഒരുമിപ്പിക്കാൻ എല്ലാ അർത്ഥത്തിലും പറ്റില്ല ഒരർത്ഥത്തിൽ പറ്റും എന്തുകൊണ്ടായത് എന്താ കാരണം ഇങ്ങനെ സംഭവിക്കുന്നു ആ എന്ന് പറഞ്ഞാൽ ശരി നിങ്ങളിപ്പോൾ ആത്മീയശ്വാസം വിട്ടിട്ടിപ്പോൾ ജനറ്റിക്കൽ സയൻസിലേക്ക് പോയിരിക്കുക ജനിതക ഘടനയാണ് അത് ശരി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ സംഭവിക്കുക ജനറ്റിക്കൽ സയൻസ് എന്നുള്ള പറയുന്നത് അതിൻ്റെ ഗെയിം തിയറി എന്ന് പറയും പരിണാമശാസ്ത്രത്തിൽ അതിൻ്റെ ഗെയിം തിയറി എന്ന് പറയും അത് കാരണം പരിണാമശാസ്ത്രത്തിന് നിരവധി തെളിവുകളുണ്ട് ആർക്കും ഇന്ന് തള്ളിക്കളയാൻ പറ്റില്ല ചില ബോധമില്ലാത്ത സ്വാമിമാരും ചില പള്ളിക്കാരും ഒക്കെയാണ് അതിനെ തള്ളിക്കളയുന്നത് അല്ലാതെ ബോധമുള്ളവർക്കെല്ലാം അംഗീകരിച്ചും പറ്റും കാരണം നിരവധി ശാസ്ത്ര ശാഖകളിൽ തെളിവുണ്ട് മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് ആർക്കിന്ന് ബോധമുള്ളൊരു തള്ളിക്കളയില്ല ബോധമുള്ള ഇല്ലാത്തവരെന്തെല്ലാം തള്ളിക്കള അവിടെ ഈ ഗെയിം തിയറി എന്ന് പറയുന്നവരെ എന്ന് വെച്ചാൽ ഇത് രണ്ടും മനുഷ്യ സമൂഹ മനുഷ്യൻ എന്താണോ അവൻ്റെ പരിണാമത്തിലൂടെ മനുഷ്യൻ വന്നു ചേരുന്നതാണ് ഈ പരിണാമത്തിലൂടെ വന്നു ചേരുന്ന പല കാര്യങ്ങളും കേവലം ഉപദേശത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അത് പറ്റില്ല നേച്ചറും നർച്ചർ രണ്ടിനും ഈ ഉപദേശം എന്നൊക്കെ പറയുന്ന നർച്ചറിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ് അവൻഹാരൻഡാണ് അതിൻ്റെ അടിസ്ഥാനമായി അവൻ ഞാൻ അത് പരിണാമത്തിലൂടെ രൂപപ്പെട്ടു വന്നാണ് ഇതിന് മാറ്റം വരില്ലെന്നല്ല പറയുന്നു മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുക അവന് കൂടുതൽ കൂടുതൽ കൂട്ടായ്മകളൊക്കെ ഒന്ന് ഒന്നു ചേരും പക്ഷേ നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് ആത്മീയമായി ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചത് നിഷ്പ്രയോജനം എന്നല്ല പറയുന്നു അതൊക്കെ കുറെ മനുഷ്യരെ മാറ്റിയിട്ടുണ്ട് ഒന്നും വെറുതെയായിട്ടില്ല അത് വരുന്നുണ്ട് മറ്റതുവൻ എന്ത് ചെയ്യും മനുഷ്യൻ്റെ സ്വഭാവതാണോ അവൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി കൂടിച്ചേരും പക്ഷേ മറ്റു പല കാര്യങ്ങളുടെയും പേരൽ മത്സരിക്കും ഗെയിമെന്ന് വെച്ചാൽ കളി എന്നുള്ള അർത്ഥത്തിലല്ല മനുഷ്യൻ്റെ പരൻ പരസ്പര പെരുമാറ്റത്തെ പരിണാമശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ആന്ത്രോപ്പോളജിസ്റ്റുകളും മറ്റും വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അത് എവിടെയാ പ്രകടമാകുന്നത് കൂട്ടായ്മകളിലാണ് അത് ഏത് കൂട്ടായ്മയായാലും ശരി ഭൗതികമായ കൂട്ടായ്മകളായാലും ശരി ആത്മീയ കൂട്ടായ്മ ആയാലും ശരി ഇതിൽ നിന്ന് അവന് മാറാൻ പറ്റില്ല കാരണം അതവൻ്റെ ജീനലുള്ളതാണ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ബാക്കിയെല്ലാം നമ്മൾ വസദൈവ കുടുംബവും എന്നൊക്കെ പറയുന്നത് പറഞ്ഞുകൊണ്ട് മാറത്തില്ല മനുഷ്യന്റെ ഏത് ആധ്യാത്മികം രാഷ്ട്രീയം ഏത് കൂട്ടായ്മ എടുത്തു ഫാക്ഷൻസ് അതിൻ്റെ അകത്തുണ്ടായിക്കൊണ്ടേ എവിടെ വെച്ചാൽ തുടങ്ങിയത് പണ്ട് നമ്മുടെ പൂർവികന്മാര് കാട്ടിന് കാണുന്നപ്പോ അവന് അന്ന് മനുഷ്യനെക്കാളും കരുത്തായിരുന്നു മറ്റ് ജീവികൾക്ക് പക്ഷെ അതാണ് അവൻ്റെ എര അതേ ജീവികൾ തന്നെ അപ്പൊ അതിനവനെന്ത് ചെയ്യണം വേട്ടയാടണം അപ്പൊ അവന് മനസ്സിലായി ഒറ്റയ്ക്ക് അണക്കത്തില്ല അപ്പൊ സംഘം ചേർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അപ്പൊ അവിടെ അവൻ യോജിച്ച് യോജിച്ചാലത് നടക്കും ഇല്ലെങ്കിൽ അതിജീവിക്കില്ല അതുകൊണ്ടാണ് അവൻ അതിജീവിച്ച് പക്ഷെ പിന്നെ എര പങ്കിടുന്ന ഒരു സമയമാണ് ഇപ്പൊ ചല്ലൊക്കെ എന്ത് ചെയ്തു മത്സരിച്ച് അതിൻ്റെ കരൾ ആർക്ക് കിട്ടി അതിൻ്റെ ടേസ്റ്റുള്ളതാണ് കരൾ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റുള്ള സാധനം ഇവിടെ ഇരിക്കുന്ന ഫലങ്ങൾ ഇരുപ്പ് കണ്ടാൽ തോന്നുന്നു അത് കേട്ടിട്ടില്ല സ്വപ്നം പോലും കേട്ടിട്ടില്ല ഇതിനുവേണ്ടി അതാർക്ക് കിട്ടി ബലമുള്ളവന് കിട്ടി കരൾ അപ്പൊ അവന് മനസ്സിലായി എന്ത് ചെയ്തു നല്ല സാധനം സ്വന്തമാക്കണമെങ്കിൽ മത്സരിക്കും മത്സരിച്ചാലേ നല്ലത് കിട്ടണം അതാണ് വലിയ സ്ഥാനത്തിന് വേണ്ടി സ്വർണ്ണത്താക്കോ വേണ്ടി നമ്മൾ മത്സരിക്കും ഇത് പല കാര്യങ്ങൾക്കും നമ്മൾ നമ്മളെയോ പരസ്പരമോ കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല എന്തുകൊണ്ട് അതിനോട് പറയുന്ന സെൽഫിഷ് ജീനം ഈ ജീനം എന്ന് പറയുന്നത് എന്താണ് അത് വളരെ സ്വാർത്ഥമാണ് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട് അപ്പൊ അത് അതിനെ അത് എന്താ പൊടി വിട്ട് നോക്ക് പോകാൻ പറ്റിയില്ല അപ്പോ ആ രീതിയിലുണ്ടെങ്കിലും നമ്മുടെ ആധ്യാത്മവിശ്വാസങ്ങളും അത് അംഗീകരിക്കുന്ന കാര്യമുണ്ട് അതാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞു പ്രകൃതി ത്വാം ജോക്ഷതി അന്ന് പ്രകൃതി എന്ന് പറഞ്ഞാൽ ജീനാണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയാമായിരുന്നു തൻ്റെ ഉള്ളിലിരുന്ന് തന്നെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു സാധനമുണ്ടെന്ന് അറിയാമായിരുന്നു നിഗ്രഹക്കിം കരിഷ്യതി ഇവിടെയൊക്കെ പറയുന്നത് എന്താണോ ബലാതിവ നിയോജിത ഇവിടെയെല്ലാം പറയുന്നത് എന്താണ് ഉള്ളിലിരുന്ന് ഒന്ന് ശക്തമായിട്ടൊന്ന് പ്രേരിപ്പിക്കുന്നു അനവര് പഴയ കാലത്തുള്ളവർ അവരുടെ അറിവ് വെച്ച് പറഞ്ഞു എന്താണ് അത് പ്രകൃതിയാണ് ഇന്നും അതിനെ പ്രകൃതി എന്ന് തന്നെ വിളിക്കണം പക്ഷെ ഇന്നെന്താണ് മെച്ചപ്പെട്ട അറിവുകളുണ്ട് മനുഷ്യൻ വേണം അവർ ജീൻഡിൽ എത്തിച്ചത് അത് ഉള്ളിലിരുന്നു പണ്ട് കരളിന് വേണ്ടി മത്സരിച്ചില്ലേ അവരുടെ സന്താന പരമ്പരകളാണ് അവിടെ ഇങ്ങോട്ട് പകർന്ന് കെട്ടിയതാണ് അതുകൊണ്ട് നമ്മളിന്ന് എന്ത് ചെയ്യുന്നു താക്കോലിന് വേണ്ടി ഇന്ന് നമ്മളെ കരളം എന്ന് പറയുന്നത് എന്താണ് ചങ്കം എന്ന് പറയുന്നത് എന്താണ് താക്കോലാണ് താക്കോൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നറിയാണ് വെറും താക്കോലല്ല സ്ഥാനങ്ങൾ മാനം അപ്പൊ ആത്മീയമായ ബോധമുണ്ടെങ്കിലും ശരി ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആരാണോ ആരാണ് ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഈനാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും പക്ഷെ പ്രണാമശാസ്ത്രവും പറയുന്ന എന്താണ് ഇതിനും മാറ്റം വരും അതാണ് മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ സാംസ്കാരികമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ ആ കാടത്തൊക്കെ പോയി ഇന്ന് കരളിന് വേണ്ടി ആരും ഉസ്സിപിടിക്കാറില്ല ഇന്ന് രാഷ്ട്രീയ അധികാരത്തിനും ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളാണെങ്കിൽ അവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയ മനുഷ്യൻ കടിപിടി കൊടുക്കുന്നു അത് പോയി പക്ഷേ അവൻ്റെ ജീൻ അതിയിരിക്കുന്നുണ്ടെന്ന് വരുന്നു ഇങ്ങനെ മത്സരിച്ചുകൊണ്ടേ അപ്പോൾ ഉപദേശം കൊണ്ട് എന്തുകൊണ്ടിത് മാറുന്നില്ല കാരണം ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ ഫ്രണ്ടൽ ലോബിന് മാത്രമേ വർക്ക് ചെയ്യപ്പെ വേറെ ഒരുപാട് ഭാഗങ്ങളുണ്ട് അവിടെ ഇന്ന് നേരിട്ട് പ്രവർത്തിക്കില്ല അങ്ങനെ പ്രവൃത്തിക്ക് പരിണാമമുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മകളുമെല്ലാം വളരെ സമത്വ സുന്ദരമാകും അതാണ് പലരുടെയും ഭാവന ലോകം മുഴുവൻ ശാന്തി സമാധാനം ആരും പരസ്പരം മത്സരിക്കുക അങ്ങനെ ഒരു ലോകമെന്നൊക്കെ ഭാവന ചെയ്യുന്നില്ല അത് സംഭവിക്കണമൊക്കെ പ്രണാമം കൊണ്ട് സംഭവിക്കണം സംഭവിക്കൊന്നും ഉറപ്പൊന്നുമില്ല പക്ഷേ പുരോഗതിയുണ്ട് മനുഷ്യൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരും ഒക്കെ അങ്ങനെ ഒരു ലോകം കാരണം ഈ പറയുന്ന വൈഷ്ണവന്മാർ എന്താണ് തെങ്കല വടകല ഇവരും മത്സരിക്കുകയാണ് ഇത്രയും വലിയ ആശയമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു തെങ്കലയും മടകലയുമായിട്ട് മത്സരിക്കുന്നു അപ്പോ ഇതിൽ ഈ ജീനിയസ് ആയ ആചാര്യന്മാർ വിചാരിച്ചു ഇതിനെന്തായാലും പരിഹരിക്കാൻ പറ്റത്തില്ല അവരും നമുക്ക് എന്ത് ചെയ്യാം നിത്യസൂരികളെ കുറിച്ച് സങ്കൽപ്പിക്കാം പൂർണ്ണതയത്യം മനുഷ്യൻ അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് മത്സരമില്ല കാരണം നിന്റെ പ്രവൃത്തിയാണ് എൻ്റെ പ്രവൃത്തി അപ്പൊ പ്രവൃത്തിയിൽ ഏറ്റക്കുറച്ചിലില്ല വലുത് ചെറുത് അങ്ങനെയൊന്നുമില്ല പിന്നെ ആ പ്രവൃത്തിക്ക് വേണ്ടി എന്തിനും മത്സരിക്കണം മത്സരിക്കേണ്ട കാര്യമില്ല ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ആത്മീയ സോപ്പ് തേച്ച് എത്രയൊക്കെ കുളിപ്പിച്ചാലും കുളിച്ചാലും എന്താണോ പരസ്യത്തിൽ പറയും ചന്ദ്രിക ആ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ നല്ല തിളങ്ങും ടി വി വേണമെന്ന് ഓർക്കറിയാം ചന്ദ്രികയുടെ പരസ്യം ഭയങ്കര തിളക്കമാണെന്നോ തിളങ്ങില്ല കറുത്ത തൊലി കറുത്തു തന്നെ ഇരിക്കും ഈ തൊലിയുടെ വെളുപ്പും കറുപ്പും നിശ്ചയിക്കുന്ന എന്താണ് ജീനാണ് ജയിക്കുന്നത് സോപ്പല്ല പിന്നെ മറ്റേ എന്താണ് വെറും പരസ്യം മാത്രം തേച്ച വെളുക്കെന്ന് പറയുന്ന ഒരു പരസ്യം മാത്രമാണ് അവന്റെ ഉള്ളിലിരിക്കുന്ന സാധനം വേറെയാണ് അതാണ് തീരുമാനിക്കുന്ന തൊലിയുടെ കളറല്ലാതെ സോപ്പല്ല അതുപോലെയാണ് എത്രയൊക്കെ ഉപദേശങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അവനെ മാറ്റാൻ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ക്രമേണ സംഭവിക്കണം നിരന്തരം ഇങ്ങനെ എന്താണ് അഭ്യാസേനതും ഔന്തേയ വൈരാഗ്യ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ തൻ്റെ ജീവിതകാലത്ത് എത്ര മാറ്റം വരും അതിനുവേണ്ടി പറഞ്ഞാണ് എന്ന് വിചാരിച്ച അർജുനൻ ശരിയായ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടും അർജുനൻ നന്നായില്ല എന്നാണ് മഹാഭാരത്തിൽ കാണാം ഉപദേശിച്ചു പിന്നെ അതിന് അർജുന സമാധാനം ഉണ്ടായിരുന്നത് എന്താണ് എന്തായിരുന്നു അർജുനന്റെ സമാധാനം ഗീതയൊക്കെ പഠിച്ചത് എന്താണ് അർജുനൻ പറഞ്ഞത് അതൊക്കെ ഞാൻ മറന്നു പോയി പോലെ പറഞ്ഞൊക്കെ ശരി നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പം നല്ല സുഖങ്ങളായിരുന്നു നല്ല കാര്യങ്ങളായിരുന്നു അതെല്ലാം ഞാൻ എന്ത് ചെയ്തു മറന്നുപോയി എന്നവർ എല്ലാം ഉപദേശം ആൾ പഴയതുപോലെ തന്നെ എന്ന് വിചാരിച്ച് ഉപദേശം പ്രയോജനമില്ലാത്തത് നല്ല പറയുന്നു ആത്മീയത പ്രയോജനമില്ലാത്തതെന്നല്ല പറയും നമ്മളുടെ അമിത പ്രതീക്ഷകളുണ്ട് അതൊന്നും വേണ്ട മനുഷ്യൻ ക്രമേണ അതൊക്കെ കുറച്ച് പരിവർത്തനങ്ങൾ ഉണ്ടാക്കും അത്രയുള്ളൂ അപ്പൊ അതാണ് ഈ പ്രശ്നം ചിലടത്ത് ആത്മീയത എന്ന് പറയുന്നത് വിജയിക്കുന്നു ചിലടത്ത് എന്ത് ചെയ്യുന്നു പരാജയപ്പെടുന്നു അപ്പൊ നമ്മുടെ ഒരു ചെറിയ ഗ്രൂപ്പിൽ പോലും ചിന്തിക്കുക നമ്മുടെ ഒരു ചെറിയ ഗ്രൂപ്പിൽ ആത്മീയത കൊണ്ട് സഹകരണം ഗെയിം എന്ന് പറയുന്ന സഹകരണമുണ്ട് ഗെയിം തീയതി പരസ്പരം ഉള്ള ഇടപെടലുകൾ അത് നമുക്ക് സ്മൂത്താക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ആത്മീയത കൊണ്ട് ലോകത്ത് നമുക്ക് നന്നാക്കാൻ പറ്റൂ പറ്റൂ എന്താ ആരും ഉണ്ടാകെ നമ്മുടെ ഒരു ചെറിയ ഗ്രൂപ്പിൽ നമ്മളെന്ന് വെച്ചാൽ ഏത് എവിടെയൊക്കെ ഗ്രൂപ്പുകളുണ്ട് അവിടെ പോലും എന്ത് ചെയ്യുന്നു മനുഷ്യൻ്റെ മത്സര ബുദ്ധിയിൽ നിന്നും മാറ്റാൻ എന്ന് കഴിയുന്നില്ലെങ്കിൽ ലോകം ആത്മീയത കൊണ്ടും മാറും എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ത് പറഞ്ഞാൽ ശരിയാവുമെന്നാണ് ആൾക്കാർ ആലോചിക്കുന്നത് പിന്നെ പേടിയും അടിസ്ഥാനപരമായിട്ട് പേടിയാണെന്ന് ആത്മീയതയിലൂടെ നമ്മൾ സമ്പാദിച്ചിരിക്കുന്നത് എന്താണോ ഇത്രയും കാലത്തെ ആത്മീയ ജീവിതം കൊണ്ട് ഭയം അതായത് ആത്മീയത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അത് വ്യക്തികളിൽ മാറ്റങ്ങൾ വരുത്തും വ്യക്തികളിൽ അത് മാറ്റങ്ങൾ അവർ ഈ വ്യക്തികളിൽ മാറ്റം വരുത്തിയ വ്യക്തിയല്ലേ സമൂഹം സമൂഹത്തിന് മാറ്റം വരുത്തത്തില്ലേ എന്ന് ചോദിക്കും അങ്ങനെ ഒരു തേരിയുണ്ടെന്നാണ് വ്യക്തികളുടെ മാറ്റങ്ങൾ സമൂഹത്തെ മാറ്റുന്നു എന്ന് പറയുന്നത് സമൂഹത്തെ സ്വാധീനിക്കത്തക്ക രീതിയിൽ വ്യക്തികളുടെ എണ്ണം കൂടണം എന്നാലെ പറ്റും ഇത്തരം വ്യക്തികൾക്ക് എണ്ണം കൂടണം എന്നാണ് നമ്മുടെ രാഷ്ട്രീയം പോലെ കൂടുതൽ പേര് വോട്ട് ചെയ്ത ആ പാർട്ടി അധികാരത്തിൽ വരും ആ പാർട്ടിയുടെ രാഷ്ട്രീയ ചിന്തയോട് ഇപ്പൊ ഒരു വ്യക്തി അനുമോദിച്ചെന്ന് വിചാരിച്ച് അധികാരത്തിൽ വരാൻ പറ്റും അപ്പൊ സാമൂഹിക മാറ്റം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം അത്തരം ചിന്തകളുള്ള വ്യക്തികളുടെ എണ്ണം കൂടണം അങ്ങനെ വന്നല്ല അദ്ദേഹം സമൂഹ സമൂഹത്തിൽ മാറ്റം വരും പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഒന്നിനും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതിനുള്ള സാധ്യത വളരെ വിദൂരമായിരിക്കുന്ന എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് എണ്ണൂറ് കോടി ജനങ്ങളിൽ ഇങ്ങനെ ആത്മീയത അതിലൂടെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പരിവർത്തനം ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് എത്ര ശതമാനമുണ്ട് ഒരു ശതമാനം കാണും മതവിശ്വാസികളുടെ കാര്യങ്ങൾ ഞാൻ പറയുന്നു ആത്മീയതയെ ജീവിതത്തെ സ്വീകരിക്കുകയും അതിലൂടെ സ്വന്തം ജീവിതത്തിൽ ഈ പറയുന്ന തരത്ത് ഒരു പരിവർത്തനം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരു ശതമാനം വില അഗണ്യമാണ് അപ്പൊ അവർക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് സംഭവിക്കുന്നത് പക്ഷേ എന്താണ് ക്രമേണ സംഭവിക്കുന്നത് ക്രമേണ എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യന്റെ ആത്മീയതയും മാറിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ അപ്പൊ ആത്മീയതയുടെ മാറ്റം എന്ന് പറയുന്നത് എന്താണ് പഴയകാലത്ത് ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ആത്മീയത എന്ന് പറയുന്നത് ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ പ്രീതിപ്പെടുത്തുകയും പൂജിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നു പിന്നെ അത് മാറിയിട്ടെന്താണ് ഇഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് ഓരോരോ ദേവതകളെ അവരെ പൂജിക്കുക ആരാധിക്കുക എന്താണ് ഇടിവട്ടി ഭൂകമ്പം വരുത്തി മനുഷ്യനെ കൊല്ലുന്ന ദേവതകളൊക്കെ ആരാധിക്കുക പ്രീതിപ്പെടുത്തുക പിന്നെ ദാരിദ്ര്യം മാറ്റുന്ന ദൈവത്തെ പൂജിക്കുക മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടായാലും ഇന്ന് അതൊക്കെ മാറി മാറി മാറുന്നിട്ട് ഇന്നത്തെ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യൻ ഇന്ന് കാണുന്നത് എന്താണ് മനുഷ്യന് ശാന്തി സമാധാനം സൗഖ്യം അത് വ്യക്തിക്ക് സമൂഹത്തിന് കൊടുക്കുന്ന എല്ലാത്തിനും മനുഷ്യൻ ഇന്ന് ആത്മീയതയായി അല്ലാതെ നമ്മൾ കുറച്ച് പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന ആത്മീയത അങ്ങനെയല്ല കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരുപോലെയല്ല അവിടെയൊന്നും മനുഷ്യന് യോജിക്കാൻ പറ്റില്ല ഒരാൾ ഒരു ദൈവത്തിനോട് പ്രാർത്ഥിച്ചു വേറെ ആൾ വേറൊരു ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അപ്പൊ ഈ പ്രാർത്ഥന പേരിൽ തമ്മിലടിക്കും ഇന്നത്തെ മനുഷ്യ ആത്മീയത കാണുന്ന അങ്ങനെയാണ് അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് അപ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും ശാന്തി സമാധാനമൊക്കെ കൊടുക്കുന്ന ആശയങ്ങൾ ചിന്താഗതികൾ പ്രവർത്തികൾ അങ്ങനെ മനുഷ്യൻ മാറി വരുമ്പം അങ്ങനെ മനുഷ്യൻ മാറുന്നുകൊണ്ടാണ് മനുഷ്യ സമൂഹം പുരോഗമിക്കുന്നു എന്ന് പറയും അതിന് സ്ട്രാറ്റിജിക്കലായി ഒരുപാട് എവിഡൻസ് ഉണ്ട് മനുഷ്യ മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരുപാട് തെളിവുകളുണ്ട് അതുപോട്ടെ ഇവിടെ പറയുന്ന കാര്യം ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അങ്ങനെ വരുമ്പോഴേ നമുക്ക് മത്സരത്തെ ഒഴിവാക്കാൻ പറ്റും തൻ്റെ പ്രവൃത്തി താൻ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചാൽ പോരാ തൻ്റെ പ്രവൃത്തി തന്നെയാണ് എല്ലാവരുടെയും പ്രവൃത്തി എന്നറിയുന്നു അപ്പോൾ അവനെന്ത് ചെയ്യും പ്രവൃത്തിക്ക് വേണ്ടി മത്സരിക്കത്തില്ല അതുകൊണ്ടാണ് അവിടെ ശാന്തി സമാധാനം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ ലോകത്ത് ഞാൻ മനസ്സിലാക്കിയ ലോകത്ത് എന്താണ് അവിടെ ഒരു ദൈവമുണ്ട് നമ്മൾ പറയുന്നത് ശ്രീമന്ത്ാരായണൻ ശ്രീമന് നാരായണ എന്ന് വെച്ചാൽ ഫുൾ ടൈം ഫ്രീയാണ് ആ ദൈവം എന്തുകൊണ്ട് ഈ അന്തേവാസികളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ കാരണം അവര് ഫ്രീയാണ് ഈ അന്തേവാസികളെല്ലാം ഫ്രീയാണ് ശ്രീമന്ത്ാരായണൻ എന്ത് ചെയ്യുന്നു അടിപൊളിയായിവിടെ ഇരിക്കുന്നു ഫ്രീ ആയിട്ടിരിക്കും ഒരു പ്രശ്നമില്ല അതാണ് ലോകം അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരുക അതാ ചെയ്യേണ്ടത് അപ്പൊ ആർക്കും പ്രശ്നമില്ല അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കി ഇടപെടേണ്ടി വരും ഇതുണ്ടാക്കുന്നില്ല എല്ലാവരും സ്വസ്ഥരായി ആ കാര്യങ്ങളും പറയുന്നു ഇത് ശ്രീ വൈഷ്ണവന്മാരുടെ ഒരു സങ്കല്പമാണെന്ന് പറയണം അവരതൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ലോകത്ത് അതൊക്കെ വരണമെന്നൊരു പക്ഷേ അവരാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവർക്കതും ഈ ജീലിനെക്കുറിച്ച് അറിയട്ടെ പ്രകൃതിയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും അപ്പൊ അതെങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണണം ലോകത്തിൽ ലോകത്തിൻ്റെ മാറ്റങ്ങളെല്ലാം കാത്തിരുന്നു നമുക്കൊന്നും പ്രവചിക്കാനും ഉള്ള ശേഷിയൊന്നും നോക്കില്ല നമ്മൾ അല്പബുദ്ധികളാണ് അതുകൊണ്ട് പറയുന്നു സർവ സർവാർത്ഥതയാ അനുസന്ധാന അനുസന്ധാനം ചെയ്യാന്ന് അനുസ്മരിക്കും ഓരോരുത്തരും അറിയുന്നു എന്താണ് ഇത് ഓരോരുത്തരുടെയും പ്രവൃത്തി ആണ് എന്റെ പ്രവൃത്തി എന്ന് പറയുന്നു അതുകൊണ്ട് സർവേപ്യസ്യ സർവകൈങ്കരിയകാരനോ ഭവിക്കും അതാണ് ഞാനത് പ്രവൃത്തി എന്ന് പറയാൻ കാരണം സർവരും എന്ത് ചെയ്യുന്നു അടുത്ത ഭാഗം ശ്രദ്ധിക്കണം വ്യാകരണം പഠിച്ചിട്ടുള്ളത് സർവകൈകര്യ കാരണ എന്ന് പറഞ്ഞാൽ എന്താർത്ഥ എന്താണ് സർവകൈങ്കര്യ കാരണ എന്റെ അർത്ഥം എന്താണോ മലയാളം ആ സർവപ്രവൃത്തിയും ചെയ്യുന്നവരാര എല്ലാവരും അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ല നിങ്ങൾ ആദ്യം അങ്ങനെയാണ് ധരിച്ചത് പറഞ്ഞു വന്നപ്പോൾ സംശയം തോന്നി അങ്ങനെയാണല്ലേ ഒരാൾ മറ്റൊരാൾ നമ്മൾ ചെയ്യുന്നത് അല്ലേ നമ്മളെല്ലാം ചെയ്യുന്ന എന്താണ് ലോക സേവനമാണ് ഈ ലോക സേവനത്തിൽ എന്താണോ സ്റ്റാർ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ഫൈവ് സ്റ്റാർ വേണം നമുക്കിപ്പോ സിംഗിൾ സ്റ്റാറെ അതല്ല പ്രവൃത്തിയുടെ മർമ്മം എന്ന് പറയുന്നതല്ല എന്താണ് ഈ പറഞ്ഞാണ് അവസാനം പറഞ്ഞത് സർവ എല്ലാവരും എല്ലാ പ്രവൃത്തിയും ചെയ്യുന്ന ഒരു ലോകം എന്നുവെച്ചാൽ എല്ലാവരുടെ പ്രവൃത്തിയും എല്ലാവരുടേതുമാണ് എന്നാ ഓരോരുത്തരും ഒരു പ്രവൃത്തി ചെയ്യുന്നു ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു അതാണ് ശരിക്കുള്ള ആദർശപരമായ സമത്വം എന്ന് പറയുന്നതാണ് അപ്പോ ഈ വൈഷ്ണവരുടെ ഏറ്റവും നല്ലൊരു സങ്കല്പം സങ്കല്പമെന്ന് പറയാൻ പറ്റും ആണ് ഇതെന്ന് പറയാം ഇതിൻ്റെ പ്രമാണമൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷെ അദ്ദേഹം വളരെ പ്രാമാണികനമായ ഒരു ആചാര്യനായതുകൊണ്ട് അത് എവിടെയെങ്കിലും കാണും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും നല്ല പുരാണങ്ങളിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആശയം കാണും എന്തായാലും ഈ അദ്വൈതികളൊന്നും ഇങ്ങനെ ഒരു ആശയത്തെക്കുറിച്ച് പറയുന്ന ഞാൻ കേട്ടിട്ടേ ഇല്ല അവരുടെ എന്താണ് തലയിൽ ഇങ്ങനെ ഒരു ആശയമേ ഒന്നിച്ചിട്ടില്ല ഇവിടെയിലെന്താണ് അതിനാണ് അശേഷശേഷത എന്ന് പറയും ഈ പറയുന്നവരും ശേഷവൃത്തി എന്ന് പറഞ്ഞതാണ് അപ്പൊ അവർ എങ്ങനെ അവിടെ കഴിയുന്നു നിത്യസൂരികൾ എന്താണ് അതിൻ്റെ വിശേഷത അതാണ് ഈ പറയുന്നത് അതൊക്കെ ഉണ്ട് പല കാഴ്ചപ്പാടുകളുണ്ട് ഇത് വൈഷ്ണവന്മാരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് വേറെ കാഴ്ചപ്പാടില്ലെന്നില്ല നമ്മുടെ പുരാണങ്ങൾ അതിനെ പറഞ്ഞത് അദ്വൈതികളൊന്നും ഒരിക്കൽ ഇങ്ങനെ ഒരു ആശയം പറയുന്നത് കേട്ടിട്ട് വർണ്ണാശ്രമങ്ങൾ മാത്രമല്ല വർണ്ണാശ്രമെന്ന് പറയുന്നത് അസംബന്ധവും അശാസ്ത്രീയവുമാണ് അതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല അതൊക്കെ മനുഷ്യനെ അടിമകളാക്കാൻ വേണ്ടി പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ച ഏർപ്പാടുകളാണ് അതിനൊന്നും നന്മയുടെ തരിമ്പ് പോലുമില്ല അത് അതിനെക്കുറിച്ച് എന്താണ് രണ്ട് കൂട്ടരാണ് ഒന്നുകൂട്ടർ അതിനെക്കുറിച്ച് ബോധമില്ലാതെ അത് വലുതെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവർ അതിനെക്കുറിച്ച് ശരിയായ ബോധം ഉണ്ടായിട്ട് സാമാന്യ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ഈ രണ്ടു കൂട്ടരാണ് അത് ഇതുമായിട്ടൊന്നും ബന്ധിപ്പിക്കരുത് ഈ പറയുന്ന ആചാര്യന്മാരെല്ലാം തന്നെയായി വർണ്ണാശ്രമ വിശ്വാസികളാണ് വിശ്വാസികളെന്ന് പറയും അപ്പൊ ഇത്രയും വലിയ ജീനിയസുകളായിരുന്നു എന്നുള്ളത് വിശ്വസിച്ചു അത്രയേ ഉള്ളൂ നമുക്ക് നല്ലതായിട്ടുള്ളത് നമ്മൾ നല്ലതെന്ന് കരുതും അത്രയാണ് എനിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കും മനുഷ്യന്റെ ഒരു രീതിയാണ് എനിക്ക് നല്ലത് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ നില കൊള്ളുന്നു ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന എനിക്ക് നല്ലത് നിങ്ങൾക്കൊക്കെ ഫാനിൻ്റെ കീഴിൽ ഇരിക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നതിന് വേണ്ടി എൻ്റെ നല്ലതിന് വേണ്ടി എനിക്ക് നിൻ്റെ കീഴിൽ ഇരിക്കാൻ പറ്റില്ല ഫാനിൻ്റെ കീഴിൽ ഇരിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടാണ് അലർജിയാണ് അപ്പം നിങ്ങളെന്ത് ചെയ്യുന്നു എനിക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയായിരുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷേ ഞാൻ ഇരിക്കുന്ന എൻ്റെ നല്ലതിന് വേണ്ടി എനിക്കതേ പറ്റും ഇതുപോലെയുള്ള എല്ലാ കാര്യവും എൻ്റെ സ്വാർത്ഥിച്ചാണ് സംശയം തോന്നും ഞാൻ നിസ്വാർത്ഥനല്ല മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്നതിന് വേണ്ടി മനുഷ്യൻ നിലവുള്ളൂ പക്ഷേ എനിക്കിതിനെക്കുറിച്ച് ബോധമുണ്ട് പലർക്കും അതിനെക്കുറിച്ച് ബോധമില്ല വ്യത്യാസികൾ ഞാൻ സ്വാർത്ഥനാണെന്നതിനെക്കുറിച്ച് എനിക്ക് ബോധമുണ്ട് പക്ഷേ എല്ലാവരും അവരവരുടെ സ്വാർത്ഥതകളെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കുന്നു എന്നില്ല അവിടെയാണ് പ്രശ്നം വരുന്നത് ഈ അശേഷ ശേഷത എന്ന് പറയുന്ന പ്രകാരായാം അശേഷശേഷതായാം ഇതര പരിത്യാഗീന തതേകാവലംബിനി പ്രീതിരേപരൂപം സ്വരൂപസ്വഭാവ ഇത് ഇങ്ങനെയും മനസ്സിലാക്കാം എങ്ങനെയാണോ ഇവിടെ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം രണ്ട് തരത്തിലും മനസ്സിലാക്കാം ആദ്യം പറഞ്ഞ എന്താണോ ഇവിടെ ഒരാളെ കേന്ദ്രീകരിച്ചു ഇവിടെ ആരെ കേന്ദ്രീകരിക്കുന്നത് വിഷ്ണുവിനെ കേന്ദ്രീകരിച്ച് വിഷ്ണുവിന്റെ പ്രീതി അതിനുവേണ്ടി എല്ലാരും പ്രവർത്തിക്കുന്നു അത് ശരിയാണ് അങ്ങനെയും പറയാം പക്ഷെ ഇതിന് മറ്റൊരു വശം കൂടെയുണ്ട് സർവാർത്ഥകാരണികളായതുകൊണ്ട് തമ്മിന് പ്രശ്നങ്ങളില്ല മറ്റേ ശരിയാണ് അവരെ സംബന്ധിച്ച് വേറൊന്നുമില്ല സ്വന്തം ജീവിതത്തിൽ എന്താണ് ഒരാൾ പറയും ഞാൻ ഗുരുവിന് സമർപ്പിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നും വേറൊന്നും നേടണമെന്നില്ല അപ്പം അതിന് സത്യസന്ധമായി ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിനാണ് സമർപ്പിതമായ ജീവിതം എന്നൊക്കെ പറയുന്നത് എൻ്റെ മുഴുവൻ അർത്ഥത്തിൽ അതങ്ങനെയാണ് അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ഉക്തപ്രകാരായാം അശേഷശേഷതായ അശേഷശേഷത എന്ന് പറഞ്ഞത് മനസ്സിലാക്കുന്നു ഇതര പരിത്യാഗേന സ്വന്തമായ ഒരു താല്പര്യമുണ്ട് നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങളൊന്നും പാടില്ല ഒരു താല്പര്യവും പാടില്ല സ്ഥാനമാനങ്ങളോ എന്തെങ്കിലുമോ ഒന്നും പാടില്ല പ്രത്യാകയില്ല തതേക അവലംബിനി പ്രീതി ആ വിഷ്ണുവിനെ ആശ്രയിച്ചുള്ള പ്രീതി മാത്രം അതേ പാടുന്നു അപ്പോ ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഗുരുവിനെ ആശ്രയിച്ചുള്ള പ്രീതി മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കൂ അങ്ങനെയുള്ള ഏതെങ്കിലും ശിഷ്യന്മാരുണ്ട അതാണ് ഇവിടെ പറയുന്നത് അത് നിത്യസൂരികളെയും വിഷ്ണുവിനെയും സംബന്ധിച്ച് പറയാം ഗുരുവിനെ ആശ്രയിച്ചിരിക്കുന്നവരുടെ മുഴുവൻ പ്രീതി ഇവിടെ പറയുന്നത് എന്താണോ ഇതര പരിത്യാഗത വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രീതി അവരാഗ്രഹിക്കുന്നില്ല നടക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു പൊതുവെ ശരി ഗുരുവിനെ ആശ്രയിച്ചുള്ള പ്രീതി വേണം പക്ഷെ ഇവിടെ മറ്റു പല പ്രീതികളും വേണം അതാണ് നല്ല സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ ഗുരുവിനോട് തന്നെ എന്ത് ചെയ്യുന്നു പിണങ്ങുന്നു പിന്നെ ഗുരുവിനെ കാണാൻ പോകുന്നു എന്തുകൊണ്ട് നമുക്ക് നല്ല സ്ഥാനം കിട്ടി മോശസ്ഥാനം പക്ഷേ പറയുന്ന എന്താണ് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഇവരെ ഉദാഹരണമാക്കി പറയുന്നത് അങ്ങനെയും ഉണ്ട് പക്ഷെ അവരിൽ രണ്ടുമുണ്ട് വിഷ്ണുവിൻ്റെ പ്രീതി അല്ലാതെ വേറൊരു പ്രീതിയും വേണ്ട എന്നുള്ളതിനോടൊപ്പം തന്നെ അവർ സർവാർത്ഥകാരികളായതുകൊണ്ട് പരസ്പരം എന്താണ് ഒരു തരത്തിൽ പ്രശ്നങ്ങളെല്ലാം ബോംബെയിലെ അവരാശ്രമത്തിടന്ന സംഭവമാണ് ഈ സമീപകാലത്ത് പിന്നെ ഇന്ത്യയിലെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ അദ്വൈതി നിരന്തരം ജീവിതകാലം മുഴുവൻ ആൾക്കാരെ അദ്വൈതമാണ് ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം ഇദ്ദേഹം രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഉറപ്പണിയിട്ട് എന്താണ് വന്നത് തൻ്റെ മുറിയുടെ പുറത്ത് നോക്കിയപ്പോ അവിടെ ശിഷ്യന്മാര് ശിഷികളുമുണ്ട് ഒരു ശിഷ്യെ ആ റൂമിൻ്റെ വാതിൽക്കല് കുത്തിക്കീറി കൊന്നിട്ടിരിക്കും രാവിലെ കണികണ്ടാണ് ധാരാ ചെയ്ത് വേറൊരു ശിഷ്യൻ മനസ്സിലായോ വേറൊരു ശിഷ്യനാണ് ഇത് ചെയ്തു പിന്നെ ശിഷ്യനാണെന്ന് അറിഞ്ഞു ഇവിടെ പിടിച്ചോ കേസ് എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോ ഇതാണ് സർവകൈങ്കരിയ കാര്യങ്ങളെന്ന് പറയും ഇങ്ങനെയുള്ളവരെയാണ് സർവകൈങ്കര്യ കാര്യങ്ങൾ അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഒരു നിരന്തരം അദ്വീതമാണ് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു ആത്മാവാണ് അതാണ് കൊക്കാണ് ഓണാണ് പക്ഷേ എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടിഷ്യരിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ട് ചെയ്താൽ ഇത് സംഭവിക്കും സംഭവിക്കത്തിൽ ഇതൊരു പൊതു രീതിയാണ് ഒരു ഉദാഹരണം ഞാൻ എടുത്ത് പറഞ്ഞൊന്നേ പല രീതിയിലും ചോദിക്കും സമയം എന്താ ഇങ്ങനെ ആയിപ്പോയി ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി നിങ്ങളും ക്രമേണ ഇങ്ങനെ ആയിക്കോളും പ്രയാസപ്പെടേണ്ട എന്താണ് ജീന് ഒരു ഭാഗത്ത് ജീനുണ്ട് ശക്തമായിട്ട് ഞാൻ ജീനിൻ്റെ വക്താവാണ് അത് ജീനിനെ വിട്ടിട്ട് കടയില്ല പിന്നെ ഇതാണ് പറയുന്നത് നേച്ചറും നർച്ചറും രണ്ടുമുണ്ട് അത് ഇത്രയേ ഉള്ളൂ എന്താണ് അതിൽ വ്യത്യാസം കൂടെ മനസ്സിലാക്കും ജീലിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം തുല്യരാണ് നമ്മളെല്ലാം തുല്യമായി ഷെയർ ചെയ്യുകയാണ് ഈ നർച്ചറിൻ്റെ കാര്യത്തിലുമൊക്കെ വ്യത്യാസമാണ് അതാ വ്യത്യാസം മറ്റടുത്ത് നമ്മൾ തന്നെ ഒന്നാണ് പറഞ്ഞെല്ലാം ആദിവാസികളുടെ സന്തതി എന്ന് പണ്ട് വേട്ടക്കാരുടെ സന്തതിയെന്ന് അതുകൊണ്ട് അതിൻ്റെ നമുക്കൊരു വ്യത്യാസം അടുത്തു പറയുന്നു തേജസർവേ നിത്യാഹ ഇനി നിത്യസൂരിയളെ കുറിച്ച് പറയുന്നു നിത്യന്മാരെന്ന് പറയും ചോദി നിത്യന്മാരെന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ആത്മാക്കളും നിത്യമാണ് വിഷ്ണു നിത്യമാണ് എല്ലാ ആത്മാക്കളും നിത്യമാണ് പിന്നെ ഇവർ മാത്രം എന്താ നിത്യം എന്ന് പറയും നിത്യസൂരിയകൾ അതിന് സമാനം സ്വരൂപ നിത്യത്വസ്യ സർവാത്മസാധാരണത്വ മുക്ത കഥാചി ആവിർഭൂത സ്വരൂപത്വ മിക നിത്യ ശബ്ദ ഇവരെ നിത്യമെന്ന് പറയാൻ കാരണം മുക്തന്മാരിൽ നിന്ന് ഇവരെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുക്തന്മാരെ പറയുന്ന എന്താണോ അവർ അവർക്ക് ജ്ഞാനമാണ് അവിടെ ഇരിക്കുന്നവരെല്ലാം ജ്ഞാനികളാണ് പക്ഷേ കഥാചിത് അവർഭൂതമാണ് അവർ ഈ ലീലാ വിഭൂതിയിൽ വളരെ കാലം ഈ സംസാരത്തിൽ കഴിഞ്ഞ് ഒടുവിൽ ജ്ഞാനത്തെ പ്രാപിച്ചവരാണ് അതിനാണ് ആവിർഭൂത കഥാചിത് ആവിർഭൂത ജ്ഞാനം എന്ന് പറയുന്നത് നിത്യസൂര്യകൾ അങ്ങനെയല്ല അവിടെ ജ്ഞാനം നിത്യമാണ് അവരൊരിക്കലും സംസാരത്തിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ നിത്യസൂര്യകളെന്ന് പറയുന്നത് ഇത് ശങ്കരാചാര്യൻ്റെ നിത്യമുക്ത ബുദ്ധ എന്ന് പറയുന്ന അതിന് ബദലായി ഇവർ കണ്ടുപിടിച്ചാണ് പക്ഷുകാരം പറയുന്നത് എന്താണ് എല്ലാവരും നിത്യമുക്തരാണ് അങ്ങനെയല്ല നിത്യമുക്തരൊന്നുമല്ല ബദ്ധരുമുണ്ട് മുക്തരുമുണ്ട് നിത്യസൂരികളെ മാത്രമേ നമുക്ക് നിത്യമുക്തരെന്ന് പറയാൻ പറ്റൂ ബാക്കിയുള്ളവരെന്താണ് ബദ്ധരായി മുക്തരാകുന്നവരാണ് പിന്നെ ശ്രീമന് നാരായണൻ അതുപോലെ ഒരു മുക്തൻ എന്നുള്ള ആളൊക്കെയല്ല അതുകൂടെ പറഞ്ഞത് നിരവധ്യം അതൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്നാ പറയുന്നത് നിരതിശയത്വം പരമാത്മജ്ഞാനതുല്യവത്വം അപ്പോ ഈ നിത്യസൂരികൾക്കും പരമാത്മ ജ്ഞാന തുല്യമായ ജ്ഞാനം ഇതുവരെ കുറവുമില്ല പക്ഷേ ഒരു ചെറിയ വ്യത്യാസം അതെന്താണ് പറയുന്നത് ക്രിയായാഹ നിരതിശയത്വം സ്വച്ഛന്ത ആനന്ദ കൈങ്കരിയാത്മകത്വം പിന്നെ അവരുടെ പ്രവൃത്തിയിൽ നിരതിശയമായ പ്രവൃത്തി എന്ന് പറയുന്ന എന്താണ് സ്വച്ഛന്തമായി യാതൊരു ബാധയില്ല നിരന്തരമായ ആനന്ദം ആനന്ദം അവർക്ക് എങ്ങനെ കിട്ടുന്നു സേവയിൽ നിന്നും അപ്പൊ അങ്ങനെയുണ്ട് കേട്ടോ സേവയാണെങ്കിൽ യഥാർത്ഥ സേവയാണെങ്കിൽ അവനതിൽ ആനന്ദം കിട്ടണം നമ്മൾ സേവ ചെയ്യുന്നു ആനന്ദം കിട്ടുന്നില്ലെങ്കിൽ എന്നർത്ഥം നമ്മുടെ പ്രവൃത്തി സേവയല്ല സ്വാർത്ഥ പ്രവൃത്തികളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കും അവർക്ക് സ്വച്ഛന്ത ആനന്ദമാണ് നമ്മൾ സേവ ചെയ്യുമ്പം നമുക്ക് ടെൻഷനില്ലേ ഉറക്കം നഷ്ടപ്പെടുന്നില്ലേ ഗുളിക ഒഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് സേവയല്ല സ്വാർത്ഥ പ്രവൃത്തികളാണ് ഇവിടെ സ്വച്ഛന്ത ആനന്ദമാണ് അതെങ്ങനെ ഏക കൈകല്യാണം സേവയിൽ ആണവർക്കത് കിട്ടുന്നത് അങ്ങനെയുള്ള ആ സേവയിൽ അവരാനന്ദിക്കുന്നു അപ്പം നമ്മളൊക്കെ ശരിക്കും സേവകന്മാരാണെന്ന് ഒന്ന് ചിന്തിക്കണം നിരതിശയത്വം പരമാത്മ കൈങ്കര്യ ഉപയോഗി സ്വേച്ഛ ഗൃഹീത ശരീര ഇന്ദ്രിയാദി നിയമന നിർവിഘാതത്വം നിരതിശയ അവരുടെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു നേരത്തെ പറഞ്ഞതുവരെയാണ് അവർക്ക് ഇഷ്ടമുള്ള രൂപങ്ങളെ സ്വീകരിച്ച് വിഷ്ണുവിനെ സേവിക്കാം നേരത്തെ പറഞ്ഞു രാമനായി വന്നപ്പോ പല രൂപങ്ങളിൽ സ്വീകരിച്ചു വസ്ത്രമായി അമ്പായി വില്ലായി എന്നെല്ലാം പറഞ്ഞു ആ കഴിവിനെ അതിനൊരു തടസ്സമില്ല അതാണ് ഐശ്വര്യം അത് സർവവിഷയത്തിൽ എല്ലാ വിഷയങ്ങളിലും ഐശ്വര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഐശ്വര്യം പ്രഭുത്വം സാമർത്ഥ്യം എല്ലാ കാര്യങ്ങളിലും അവർക്ക് വിഷ്ണുവിനെ പോലെയുള്ള സാമർത്ഥ്യമില്ല എന്തുകൊണ്ട് ജഗത് വ്യാപാരവർജം പ്രകടന ബ്രഹ്മസൂത്രം ഇത് നമ്മൾ ചർച്ചയുടെ സൂത്രമാണ് നാല് നാല് പതിനേഴ് ജഗത് വ്യാപാരം പറഞ്ഞു അതായത് ഈ നിത്യസൂര്യകൾ ദേവന്മാർ മറ്റാരൊക്കെ ഉണ്ടോ അവരെല്ലാവരും അവർക്ക് ഐശ്വര്യമുണ്ട് സർവൈശ്വര്യമുണ്ട് പക്ഷേ ഒന്നൊഴികെന്താണ് സൃഷ്ടി സൃഷ്ടി ജഗത് സൃഷ്ടിക്കുള്ള ഐശ്വര്യമുണ്ട് ഈ ലീലാവിഭൂതി എന്ന് പറയുന്ന ലോകത്തെ സൃഷ്ടിക്കുന്ന ആ ശേഷി അവർക്കില്ല എന്തുകൊണ്ട് പ്രകടന ഈ പറയുന്നതൊക്കെ ഭാവനയിൽ പറയുന്നതല്ല പ്രമാണം അനുസരിച്ചിട്ടാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന വേദത്തിൽ പറയുന്ന ആ പ്രകരണങ്ങളിൽ ഈശ്വരനെ മാത്രമേ പറയുന്നുള്ളൂ മറ്റാരെയെങ്കിലും അവിടെ പറയുന്നില്ല തത്സൃഷ്ടനുപ്രാവശ്യ എന്നൊക്കെ പറയുന്നു ആരെ അസത്തനെയാണ് പറയുന്നത് ഈശ്വരനെയാണ് പിന്നെ അസന്നിഹിതത്വച്ച് മറ്റുള്ള ഒരു ആരുടെയും സാന്നിധ്യം അവിടെയില്ല എവിടെയില്ല പ്രമാണങ്ങളിലില്ല പ്രമാണങ്ങളും നിങ്ങളുടെ വേദ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും ശരി സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് ഈശ്വരൻ മാത്രമേ ഉണ്ട് വേറെ ആരുമില്ല അപ്പം മറ്റാരുടെയും പ്രകരണമല്ലാതെ അത് ഈശ്വരൻ്റെ പ്രകരണമാണ് മറ്റാരും അവിടെ അബദ്ധത്തിൽ കയറി വന്നിട്ടുമില്ല വേദത്തിലും മറ്റും അവരുടെ സാന്നിധ്യമില്ല അതുകൊണ്ട് സൃഷ്ടി എന്ന് പറയുന്ന ഐശ്വര്യം ഈശ്വരനും മാത്രമേ ഉള്ളൂ വേറെ ആർക്കും നൃത്തം